നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല ഞാൻ എത്ര നേരം എന്ന് നിനക്കറിയാമോ ഒടുവിൽ നീ എന്തു ചെയ്തു പോയോ ഇല്ലയോ എങ്ങനെ പോകാനാണ് വിമല എന്ന സഖി വന്നില്ലെങ്കിൽ നീയും പോകണ്ട എന്ന് പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്ക് അതിനപ്പുറം ഒന്നും ഇല്ല എന്നത് നിനക്കറിഞ്ഞുകൂടെ അതുകാരണം അമ്മയും ചേട്ടനെ പിന്താങ്ങി അല്ലേലും നമ്മുടെ നാട്ടിൽ പെണ്ണായിട്ട് ജനിച്ചാൽ ഗതികേട് തന്നെ ആൺപിള്ളർക്കാണെങ്കിൽ എവിടെയും പോകാം എന്തും ചെയ്യാം അല്ലേ അപ്പോൾ നമുക്കും അവരെ പോലെ താന്തോണികളായി നടക്കാൻ സ്വാതന്ത്ര്യം വേണമെന്നാണോ നീ പറയുന്നത് വാസ്തവം പറഞ്ഞാൽ നമുക്കിപ്പോഴുള്ള സ്വാതന്ത്ര്യം പോലും കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം പെൺകുട്ടികൾ വളരെ സൂക്ഷിച്ചേ പെരുമാറാന്ന് അമ്മമാർ പറയുന്നതിൽ സത്യമില്ലാതില്ല എന്ത് സംഭവിച്ചാലും നമുക്കായിരിക്കും കുറ്റം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പഴമക്കാർ പറയുന്നതും നിന്റെ പഴംപുരാണമൊന്നും എനിക്ക് കേൾക്കണ്ട നീ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവളായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ചുമ്മാതിയാണോ അതൊക്കെ ശരി എന്താ നീ ഇന്നലെ വരാത്തത് ഞാൻ അത് പറയണം എന്ന് വിചാരിച്ചപ്പോഴേക്കും നീ മഹിളാ വിമോചന പ്രസ്ഥാനവുമായി വന്നു പ്രസ്ഥാനം രൂപീകരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒന്നും വേണ്ടിയില്ല നീ എന്നെ അത്രക്ക് കളിയാക്കണ്ട എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ സാമൂഹ്യസ്ഥിതിയൊക്കെ മാറ്റുന്ന ഒരു സംഘടന സ്ഥാപിക്കാതിരിക്കില്ല അന്നു നീ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയോ അടിമയോ ആയിരിക്കും അപ്പോൾ സരള പണ്ടേയെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് നിനക്ക് തന്നെ തോന്നുന്നു എന്റെ പൊന്നുകുട്ടി വരും കാര്യത്തെ നമ്മൾ എന്തിനു തർക്കിക്കണം നീ ഞാനാണോ ആദ്യം കുടുംബിനി ആകാൻ പോകുന്നെന്ന് നമുക്ക് കാണാം കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്ന എത്ര പേരെ നമുക്കറിയില്ല പിന്നെ പ്രതാപശാലിയായ ഒരു ചേട്ടനുള്ള നിന്റെ കാര്യം എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞ് നിന്നോട് പറയും സരളേ നിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് നോക്കിക്കൂ അതിനൊന്നും ഈ സരളയെ കിട്ടില്ല ചേട്ടന്റെ കാര്യമേ ചേട്ടനെ നിശ്ചയിക്കാൻ പറ്റൂ എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചുള്ളൂ നമുക്ക് കാണാം ിസൺ ആൻഡ് റിപ്പീറ്റ് നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല നീ വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല ഞാൻ എത്ര നേരം കാത്തുനിന്നു എന്ന് നിനക്കറിയാമോ ഞാൻ എത്ര നേരം കാത്തുനിന്നു എന്ന് നിനക്കറിയാമോ ഒടുവിൽ നീ എന്ത് ചെയ്തു ഒടുവിൽ നീ എന്ത് ചെയ്തു പോയോ ഇല്ലയോ പോയോ ഇല്ലയോ എങ്ങനെ പോവാനാണ് എങ്ങനെ പോവാനാണ് വിമല എന്ന സഖി വന്നില്ലെങ്കിൽ വിമല എന്ന സഖി വന്നില്ലെങ്കിൽ നീയും പോകണ്ട എന്ന് ചേട്ടൻ പറഞ്ഞു നീയും പോകണ്ട എന്ന് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്ക് അതിനപ്പുറം ഒന്നുമില്ല എന്ന് എങ്ങനെ കറിഞ്ഞുകൂടെ അമ്മയ്ക്ക് അതിനപ്പുറം ഒന്നുമില്ല എന്ന് എങ്ങനെ കറിഞ്ഞുകൂടെ അമ്മയും ചേട്ടനെ പിന്താങ്ങി അതുകാരണം അമ്മയും ചേട്ടനെ പിന്താങ്ങി അല്ലേരും നമ്മുടെ നാട്ടിൽ പെണ്ണായിട്ട് ജനിച്ചാൽ ഗതികേട് തന്നെ അല്ലേലും നമ്മുടെ നാട്ടിൽ പെണ്ണായിട്ട് ജനിച്ചാൽ ഗതികയോട് തന്നെ ആൺപിള്ളേർക്കാണെങ്കിൽ ആൺപിള്ളേർക്കാണെങ്കിൽ എവിടെയും പോകാം എന്തും ചെയ്യാം അല്ലേ എവിടെയും പോകാം എന്തും ചെയ്യാം അല്ലേ അപ്പോൾ നമുക്കും അവരെ പോലെ താന്തോന്നികളായി നടക്കാൻ അപ്പോൾ നമുക്കും അവരെ പോലെ താന്തോന്നികളായി നടക്കാൻ സ്വാതന്ത്ര്യം വേണമെന്നാണ് നീ പറയുന്നത് സ്വാതന്ത്ര്യം വേണമെന്നാണ് നീ പറയുന്നത് വാസ്തവം പറഞ്ഞാൽ നമുക്കിപ്പോഴുള്ള സ്വാതന്ത്ര്യം പോലും വാസ്തവം പറഞ്ഞാൽ നമുക്കിപ്പോഴുള്ള സ്വാതന്ത്ര്യം പോലും കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം കൂടുതലാണെന്നാണ് എന്റെ അഭിപ്രായം പെൺകുട്ടികൾ വളരെ സൂക്ഷിച്ചേ പെരുമാറാവൂ എന്ന് പെൺകുട്ടികൾ വളരെ സൂക്ഷിച്ചേ പെരുമാറാവൂ എന്ന് അമ്മൂമ്മമാർ പറയുന്നതിൽ സത്യമില്ലാതില്ല അമ്മൂമ്മമാർ പറയുന്നതിൽ സത്യമില്ലാതില്ല എന്ത് സംഭവിച്ചാലും നമുക്കായിരിക്കും കുറ്റം എന്ത് സംഭവിച്ചാലും നമുക്കായിരിക്കും കുറ്റം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പഴമക്കാർ പറയുന്നതും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പഴമക്കാർ പറയുന്നതും നിന്റെ പഴംപുരാണമൊന്നും നിന്റെ പഴംപുരാണമൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്ക് കേൾക്കണ്ട നീ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവളായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ചുമ്മാതിയാണോ ജീവിക്കേണ്ടവളായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ചുമ്മാതിയാണോ അതൊക്കെ ശരി അതൊക്കെ ശരി എന്താ നീ ഇന്നലെ വരാത്തത് എന്താ നീ ഇന്നലെ വരാത്തത് ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഞാൻ അത് പറയണം എന്ന് വിചാരിച്ചപ്പോഴേക്കും നീ മഹിളാ വിമോചന പ്രസ്ഥാനവുമായി വന്നു നീ മഹിളാ വിമോചന പ്രസ്ഥാനവുമായി വന്നു പ്രസ്ഥാനം രൂപീകരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഒന്നും വേണ്ടിയില്ല പ്രസ്ഥാനം രൂപീകരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല നീ എന്നെ അത്രക്ക് കളിയാക്കണ്ട നീ എന്നെ അത്രക്ക് കളിയാക്കണ്ട എന്നെങ്കിലും ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ സാമൂഹ്യസ്ഥിതിയൊക്കെ മാറ്റുന്ന ഒരു സംഘടന സ്ഥാപിക്കാതിരിക്കില്ല ഞാൻ മാറ്റുന്ന ഒരു സംഘടന സ്ഥാപിക്കാതിരിക്കില്ല അന്നു നീ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയോ അടിമയോ ആയിരിക്കും അന്ന് നീ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയോ അടിമയോ ആയിരിക്കും അപ്പോൾ സരള പണ്ടേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്ന് നിനക്ക് തന്നെ തോന്നും അപ്പോൾ സരള പണ്ടേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നു എന്റെ പൊന്നുകുട്ടി വരും കാര്യത്തെ പറ്റി നമ്മൾ എന്തിനു തർക്കിക്കണം എന്റെ പൊന്നുകുട്ടി വരുംകാര്യത്തെ പറ്റി നമ്മൾ എന്തിനു തർക്കിക്കണം നീയാണോ ഞാനാണോ ആദ്യം കുടുംബിനിയാകാൻ പോകുന്നെന്ന് നമുക്ക് കാണാം നീയാണോ ഞാനാണോ ആദ്യം കുടുംബിനിയാകാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്ന് എത്ര പേരെ നമുക്കറിയില്ല കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്ന് എത്ര പേരെ നമുക്കറിയില്ല പിന്നെയല്ലേ പ്രതാപശാലിയായ ഒരു ചേട്ടനുള്ള നിന്റെ കാര്യം പിന്നെയല്ലേ പ്രതാപശാലിയായ ഒരു ചേട്ടനുള്ള നിന്റെ കാര്യം എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞ് നിന്നോട് പറയും എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു നിന്നോട് പറയും സരളെ നിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് സരളേ നിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് നോക്കിക്കോ നോക്കിക്കോ അതിനൊന്നും ഈ സരളയെ കിട്ടില്ല അതിനൊന്നും ഈ സർയെ കിട്ടില്ല ചേട്ടന്റെ കാര്യമേ ചേട്ടന് നിശ്ചയിക്കാൻ പറ്റൂ ചേട്ടന്റെ കാര്യമേ ചേട്ടന് നിശ്ചയിക്കാൻ പറ്റൂ എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചുള്ളൂ എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചുള്ളൂ നമുക്ക് കാണാം നമുക്ക് കാണാം ഡ്രിൽ നീ ഒരു വലിയ ആളാണ് എന്നല്ലേ നിന്റെ വിചാരം നീ ഒരു വലിയ ആളാണ് എന്നല്ലേ നിന്റെ വിചാരം അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് നീ എപ്പോഴും പറയില്ലേ ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് നീ എപ്പോഴും പറയില്ലേ വേഗം എഴുതു എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറയണം വേഗമെഴുതു എന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറയണം എല്ലാവരും എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ എന്ന് ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു എല്ലാവരും എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ എന്ന് ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു വിമൽ എന്ന് സഖിയെ അറിയുമോ വിമല എന്ന സഖിയെ അറിയുമോ രാജകുമാർ എന്ന നടനെ ആർക്കറിഞ്ഞുകൂടാ രാജകുമാർ എന്ന നടനെ ആർക്കറിഞ്ഞുകൂടാ രാധ എന്ന പാട്ടുകാരിയെ ഞാൻ മിനിഞ്ഞാന്നാണ് കണ്ടത് രാധ എന്ന പാട്ടുകാരിയെ ഞാൻ മിനഞ്ഞാണ് കണ്ടത് മഴ പെയ്താലേ കൃഷി നന്നാകൂ എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് മഴ പെയ്താലേ കൃഷി നന്നാകൂ എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ബിൽഡപ് ഡ്രിൽ മോഡൽ പോയല്ലോ പോയല്ലോ എവിടേക്കോ എവിടേക്കോ പോയല്ലോ നീ നീ എവിടേക്കോ പോയല്ലോ ഞാൻ വന്നപ്പോൾ ഞാൻ വന്നപ്പോൾ നീ എവിടേക്കോ പോയല്ലോ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഞാൻ വന്നപ്പോൾ നീ എവിടേക്കോ പോയല്ലോ വരൂ എന്ന് വരൂ എന്ന് വിളിച്ചിട്ട് ഞാൻ വന്നപ്പോൾ നീ എവിടേക്കോ പോയല്ലോ നൗ ഫോളോ ദോഡൽ പറഞ്ഞു പറഞ്ഞു ആര് ആര് പറഞ്ഞു പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് ആര് പറഞ്ഞു വലിയ വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല എന്നാരു പറഞ്ഞു നമുക്ക് അതുകൊണ്ട് നമുക്കതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല എന്ന് ആര് പറഞ്ഞു മുതലാളിയാണെങ്കിലും മുതലാളിയാണെങ്കിലും നമുക്കതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല എന്നാരു പറഞ്ഞു അദ്ദേഹം അദ്ദേഹം മുതലാളിയാണെങ്കിലും നമുക്കതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല എന്നാരു പറഞ്ഞു ോ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ ഒക്കുമോ അവളെ അവളെ സ്നേഹിക്കാൻ ഒക്കുമോ എനിക്ക് എനിക്ക് അവളെ സ്നേഹിക്കാൻ ഒക്കുമോ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്ക് അവളെ സ്നേഹിക്കാൻ ഒക്കുമോ എന്നോട് എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എനിക്ക് അവളെ സ്നേഹിക്കാൻ ഒക്കുമോ അവൾക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് അവളെ സ്നേഹിക്കാൻ ഒക്കുമോ എന്നതാണ് എന്റെ അഭിപ്രായം എന്നതാണ് എം പെൺകുട്ടിയെ രക്ഷിക്കണം ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം ആരും ആരും ഇല്ലാത്ത ആരുമാരുമില്ലാത്ത ആ പെൺകുട്ടിയെ രക്ഷിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ ഞാനത് ചെയ്യണം എന്ന് നിന്നോടാരു പറഞ്ഞു ഞാൻ അവിടെ പോകണം ഞാൻ അവിടെ പോകണമെന്ന് നിന്നോട് എന്റെ കയ്യിൽ ഒട്ടും പണമില്ല എന്റെ കയ്യിൽ ഒട്ടും പണമില്ല എന്ന് നിന്നോടാരു പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടും ഞാൻ ദേഷ്യപ്പെടുമെന്ന് നിന്നോടാരു പറഞ്ഞു എനിക്ക് അവളെ ഇഷ്ടമില്ല എനിക്കവളെ ഇഷ്ടമില്ല എന്ന് നിന്നോടാരു പറഞ്ഞു ഒരിക്കലും അത് ശരിയാവില്ല ഒരിക്കലും അത് ശരിയാവില്ല എന്ന് നിന്നോടാരു പറഞ്ഞു നീ വന്നാലേ ഞാനും വരൂ നീ വന്നാലെ ഞാനും വരൂ എന്ന് നിന്നോടാരു പറഞ്ഞു കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ നീ വരണം അങ്ങനെ അവർ പറയുന്നു നീ വരണം എന്ന് അവർ പറയുന്നു നൗ ഫോളോ ദോഡൽ കുട്ടികൾ പഠിക്കണം അതാണ് അച്ഛനമ്മമാരുടെ അഭിപ്രായം കുട്ടികൾ പഠിക്കണം എന്നതാണ് അച്ഛനമ്മമാരുടെ അഭിപ്രായം ഇതൊക്കെ എന്റേതാണ് അങ്ങനെ നീ വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെ എന്റേതാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വരികയില്ല അങ്ങനെ അദ്ദേഹം തീർത്തു പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വരികയില്ലെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞോ അവർ വന്നില്ലെങ്കിൽ വരണ്ട അങ്ങനെ നമുക്ക് ആശ്വസിച്ചുകൂടെ അവർ വന്നില്ലെങ്കിൽ വരണ്ടെന്ന് നമുക്ക് ആശ്വസിച്ചുകൂടെ നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ല അങ്ങനെ ആര് പറഞ്ഞു നീ ഇല്ലെങ്കിൽ ഞാനും ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല അങ്ങനെ എഴുതിയത് കണ്ടില്ലേ ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്ന് എഴുതിയത് കണ്ടില്ലേ ഒരു ദിവസമെങ്കിലും അവധി വേണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം ഒരു ദിവസമെങ്കിലും അവധി വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയല്ലേ മൂത്തവർ പറയുന്നത് പ്രയത്നിച്ചാലേ ഫലം കിട്ടൂ എന്നല്ലേ മൂത്തവർ പറയുന്നത് സ്പ്ലിറ്റ് അപ് ഡ്രിൽ മോഡൽ അവർ പറയുന്നതിൽ ഒട്ടും സത്യമില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ അവർ പറയുന്നതിൽ ഒട്ടും സത്യമില്ല അത് നിനക്കറിഞ്ഞുകൂടെ നൗ ഫോളോ ദോഡൽ പണമുള്ളവർക്ക് അന്യരെ സഹായിക്കാൻ കഴിയൂ എന്ന് നിന്നോടാരും പറഞ്ഞു പണമുള്ളവർക്ക് അന്യരെ സഹായിക്കാൻ കഴിയൂ അങ്ങനെ നിന്നോട് ആര് പറഞ്ഞു നീ സഹായിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നു നീ സഹായിക്കും അത് വിചാരിച്ച് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നു മകനെ കണ്ടിട്ടേ മരിക്കാവൂ എന്നായിരുന്നു ആ വയസ്സിയുടെ ആഗ്രഹം മകനെ കണ്ടിട്ടേ മരിക്കാവൂ അങ്ങനെയായിരുന്നു ആ വയസ്സിയുടെ ആഗ്രഹം ഒരാൾക്ക് മൂന്ന് കുട്ടികളെ പാടുള്ളൂ എന്നാണ് സർക്കാരിന്റെ നിയമം ഒരാൾക്ക് മൂന്ന് കുട്ടികളെ പാടുള്ളൂ അതാണ് സർക്കാരിന്റെ നിയമം മോഹനൻ സുഖമായി ജീവിക്കട്ടെ എന്നാണ് ശാരദയുടെ അഭിപ്രായം മോഹനെങ്കിലും സുഖമായി ജീവിക്കട്ടെ അതാണ് ശാരദയുടെ അഭിപ്രായം അമ്മ പറഞ്ഞു അമ്മ മോനോട് ഉണ്ണാൻ പറഞ്ഞു നൗ ഫോളോ മോഡൽ കമലെ നീ ഒരു പാട്ട് പാടു എന്ന് അവർ അപേക്ഷിച്ചു അവർ അപേക്ഷിച്ചു നീ അവിടെ പോകരുത് എന്ന് അച്ഛൻ മുന്നറിയിപ്പ് നൽകി ഉണ്ണി അവിടെ പോകാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകി ജനങ്ങളെ എന്ന് നേതാവ് ഉപദേശിച്ചു ജനങ്ങളോട് ആലോചിച്ച് പ്രവർത്തിക്കാൻ നേതാവ് ഉപദേശിച്ചു നിങ്ങൾ ഉള്ള സത്യം തുറന്നു പറയണമെന്ന് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു അവർ ഉള്ള സത്യം പറയാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ശബ്ദം ഉണ്ടാക്കരുതെന്ന് ടീച്ചർ കുട്ടികളെ താക്കീത് ചെയ്തു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ ടീച്ചർ കുട്ടികളെ താക്കീത് ചെയ്തു